നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരെ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു അപ്പോൾ അവരുടെ അടയാളങ്ങളിലൂടെ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാമായിരുന്നു അവരുടെ സംസാര രീതിയിലൂടെയും നിങ്ങളവരെ തീർച്ചയായും തിരിച്ചറിയും നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു സുഹാനഹൂവ താല അറിയുന്നു